തമിഴിൽ ഒരു ശ്ലോകമുണ്ട് അതിൽ ഈ നരകാസുര വധം അതിനെ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു അഹങ്കാരൻ തന്നെയാണ് അഹങ്കാര രൂപത്തിലുള്ള ഈ നരകാസുരൻ ഇല്ലാതാവുമ്പോ അകത്ത് ദീപം തെളിയുന്നു ജ്ഞാനദീപം തെളിയുന്നു അത് ദീപാവലി ദീപം വിളക്ക് ആവലി എന്ന് വെച്ച കൂട്ടം വിളക്കിന്റെ കൂട്ടം ജ്യോതികളുടെ കൂട്ടം ഇതിൽ ഓരോ ജീവനും ഒരു ദീപമായെങ്കിൽ ദീപാവലിയായി അപ്പൊ ദീപങ്ങളുടെ കൂട്ടമായി ഓരോന്നിലും ഈ ജ്ഞാനപ്രകാശം ഉണ്ടായാൽ ദീപാവലിയായി കണ്ണുടിയ വെള്ളലാർ എന്ന് പറഞ്ഞൊരു സിദ്ധനുണ്ടായിരുന്നു തമിഴ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് ഒഴിവിലൊടുക്കം അതില് തണുടേ വെള്ളാർ പറയുന്നു ഈ ശരീരം തന്നെ വിളക്ക് അതില് വാസനകളാവുന്ന എണ്ണ അഹങ്കാരമാവുന്ന തിരി സദ്ഗുരു എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ തിരിയിലെ തീ കൊളുത്തി വിടുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാനില്ല മിണ്ടാതിരിക്കണം ഇനി തിരി തോണ്ടിക്കൊടുക്കുകയോ വീണ്ടും എണ്ണ ഒഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സ്വയമേവ ആ വിളക്ക് എരിഞ്ഞ് തിരി കരിഞ്ഞ് ഉണങ്ങി എണ്ണ വറ്റി നിന്നുപോകും അത് വ്യതിരേകഭാവത്തിൽ ഈ ദീപത്തിനെ കാണുക എന്നുവെച്ചാൽ അഹങ്കാരം ഇല്ലാതായി വാസനാക്ഷയമുണ്ടായി നിശ്ചലാനുഭവം ഉണ്ടാകും ദീപം എന്താണ് ബുദ്ധൻ മരിക്കാൻ പോകുന്നു എൺപത്തിരണ്ട് വയസ്സോ മറ്റോ ആണ് ബുദ്ധന്റെ മഹാസമാധി മഹാനിർമ്മാണം ഏകദേശം നാൽപ്പത് വർഷത്തോളം ബുദ്ധനെ അനുസൂതം പരിചരണം ചെയ്തുകൊണ്ട് ബുദ്ധന്റെ കൂടെ ജീവിച്ച ശിഷ്യനാണ് ആനന്ദൻ ബുദ്ധന്റെ തന്നെ വലിയ അച്ഛന്റെയോ ചെറിയച്ഛന്റെയോ മകനാണ് കസിൻ ബ്രദറാണ് ബുദ്ധൻ സ്വയം ജ്ഞാനിയായി തിരിച്ച് തപിലവസ്തുവിലേക്ക് വരുമ്പോ അനേകം പേര് അവരുടെ ഫാമിലിയിലുള്ളവർ കൂടെ ചേർന്നു അവരുടെ കുടുംബത്തിലുള്ളവർ ചിലരൊക്കെ കൂടെ ചേർന്നു അതിൽ ഈ ആനന്ദനും ഒരാളാണ് ആനന്ദൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് അങ്ങയോടൊരു പ്രാർത്ഥനയുണ്ട് ഞാൻ തന്നെ അങ്ങെ എപ്പോഴും പരിചരിക്കും അങ്ങയുടെ കൂടെ ഉണ്ടാവും അങ്ങയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും മറ്റൊരു പ്രാർത്ഥനയും വെച്ചു ഞാൻ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഏത് സമയത്ത് അങ്ങയെ വിളിച്ചുണർത്തി ഇവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാലും അനുഗ്രഹിക്കണം ഇത് രണ്ടും ബുദ്ധൻ സമ്മതിച്ചു ോട് പറഞ്ഞു ഗുരുവിനോട് ഒരു കണ്ടീഷനും വെക്കാൻ പാടില്ല ഈ കണ്ടീഷൻ വെച്ചതുകൊണ്ട് തന്നെ ദിസ് വിൽ ബി യുവർ ഗ്രേറ്റസ്റ്റ് ബ്ലോക്ക് കൂടെ പരിചരിച്ചുകൊണ്ട് തന്നെ നിന്നു ലാസ്റ്റ് വരെ എല്ലാത്തിനും ആനന്ദൻ കൂടെ അവസാനം ബുദ്ധൻ നിർവണ ആവുമ്പോ ആ സമയത്ത് എത്രയോ പേർക്ക് ഈ അനുഭവം ഉണ്ടായി ബുദ്ധൻ പറയുന്ന ഈ നിർവഹ രുചി രസം പല പല ആളുകളും അനുഭവിച്ചു ആനന്ദൻ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുന്നു സമാഹാസമാധിക്ക് കുറച്ചുനേരം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വന്നു ആ ചെറുപ്പക്കാരൻ കുറച്ചുനേരം ബുദ്ധന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ആ ആത്മാനുഭവ സുഖത്തോടുകൂടെ ആനന്ദാശ്ര പോഴിച്ചുകൊണ്ടുപോയി ഇത് കണ്ടപ്പോൾ ആനന്ദനെ സഹിക്കുവയ്യ ആനന്ദൻ ബുദ്ധന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഈ പയ്യൻ ഇപ്പൊ വന്നതേ ഉള്ളൂ പത്തു പതിനേഴ് വയസ്സായിട്ടുണ്ടാവും ചക്കൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വരുമ്പോഴേക്കും അത്രയധികം ഔത്സുഖ്യത്തോടെ വന്നു സത്യത്തിനെയും കൊണ്ടുപോകുന്നു രമണ ഭഗവാൻ ചൊല്ലു അടിമടിയിലെ കൈവെക്കരവാ അവ അപ്പോഴി അതീവ്രമാ വരുവാണ മരത്തക്കുള്ള ജ്ഞാനികൾ കിട്ടി ഇരിക്കടത്തെ പെരട്ടീന് പേടുവാ ഇങ്ങനെ എത്രയോ പേര് അനുഭവിക്കുന്നത് ആനന്ദൻ കണ്ടതാണ് ബുദ്ധന്റെ തന്നെ ശിഷ്യന്മാരായ പലരും സാരപുത്രൻ മുതലായിട്ടുള്ളവരൊക്കെ ഞാൻ അങ്ങയുടെ കൂടെ പത്ത് നാൽപ്പത് വർഷമായിട്ട് കൂടെ പരിചരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങയുടെ കൂടെ ഇരിക്കണു എനിക്ക് ഇനിയും ആ അനുഭവത്തിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ അങ്ങേക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരുന്നു പരിചരണം ചെയ്യുന്നു കൂടെ നിൽക്കുന്നു എനിക്കെന്തുകൊണ്ട് അതിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ല അപ്പൊ ബുദ്ധൻ പറഞ്ഞു കാരണം ആനന്ദ നീ എന്റെ ശരീരത്തിനെയേ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാതെ പറയുന്നതൊന്നും ഉള്ളിലെടുക്കാതെ സദാ എന്റെ ശരീരത്തിന്റെ സൗഖ്യം എന്റെ ശരീരം ഗുരുവിനെ ശരീരം എന്ന് കരുതി ശരീരത്തെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ വിചാരിച്ചു ഞാൻ തഥാഗതൻ ഞാൻ ആ സത്യം കണ്ടെത്തിയിരിക്കുന്നു നിനക്കത് തരാൻ കഴിയും തെറ്റിദ്ധരിച്ചു ഞാൻ സിദ്ധാർത്ഥ ഗൌതമനാണ് വളരെ കാലത്ത് പരിശ്രമം വിചാരം കൊണ്ട് ഞാൻ ആ സത്യത്തിനെ സ്വയമേവ കണ്ടെത്തി തനിക്കും അതേപോലെ പരിശ്രമിച്ചാൽ ആ സത്യത്തിനെ തനിക്കും കണ്ടെത്താനൊക്കും എന്ന് പറഞ്ഞ് അവസാനം കൊടുത്തൊരു വാക്കാണ് പാലിയിലവർ അല്പം മാറ്റി പറയും സംസ്കൃതത്തില് ആത്മദീപോഭവ ബി എ ലൈറ്റ് അൺ ടു യുവർ സെൽഫ് നീ നിനക്ക് തന്നെ പ്രകാശമായിട്ട് തീരൂ പുറത്തു നിന്നുള്ള പ്രകാശത്തിനെ അന്വേഷിക്കുന്നതിന് പകരം അകമേ ഉള്ള പ്രകാശത്തിനെ ആശ്രയിച്ചാൽ നീ സത്യം കണ്ടെത്തും ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ചപ്പോഴും കൃഷ്ണൻ അതാണ് ആത്മനഹ ഗുരു ആത്മൈവ പുരുഷ വിശേഷത യ പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദത്തെ പുറമേയുള്ള ഗുരു എന്ത് ചെയ്യും അകമേയുള്ള ഗുരുവിനെ കാണിച്ചു തരുന്നവരെയുള്ളൂ പുറമേ ഒരു ഗുരുവിന് ജോലി അല്ലാതെ പുറമേയുള്ള ഗുരു വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചു ദൂരത്തേക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോവാം നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തര്യാമി തന്നെ ഗുരു അകമേക്കുള്ള ഗുരുവിന് അവനവന്റെ തന്നെ ഇന്യൂഷൻ സത്യനിശ്ചയമുള്ള ശുദ്ധ ബുദ്ധി തന്നെ ഗുരുവായിട്ട് തീരും ആ ഗുരു തന്നെ ദീപം അത് വെളിച്ചം അത് പ്രകാശം അങ്ങനെ ഓരോരുത്തർക്കും ആത്മദീപം പ്രകാശിച്ചാൽ പിന്നെ ഒക്കെ ദീപാവളിയായി അതാണ് ഭഗവാൻ അവതരിച്ച രുക്മിണി ദേവകി പറയണത് രൂപം യത്തത്പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപാണ് ഭഗവാനെ അവിടുന്ന് അധ്യാത്മദീപമാണ് ജ്ഞാനമാകുന്ന വിളക്കാണ് ആ ജ്ഞാനം എവിടെയുണ്ട് നമ്മുടെ സ്വസ്വരൂപമാണ് ആ ജ്ഞാനം നമ്മളുടെ അന്തര്യാമിയാണ് ജ്ഞാനം നമ്മളുടെ സ്വരൂപമാണ് അകമയ്ക്കുള്ള ആ ദീപം തെളിഞ്ഞാല ജ്യോതിഷാജ്യോതിഗമ്യം ഹൃദി സർവസ്യം എല്ലാ ജ്യോതിസുകൾക്കും അത് ജ്യോതിസാണ് ഹൃദി സർവസ്യഷ്ഠിതം എല്ലാവരുടെ ഹൃദയത്തിലും അതിരിക്കുന്നു സർവസ്യ ഹൃദി വിഷ്ഠിതം ഒരു ശങ്കരാചാര്യരുടെയോ രാമകൃഷ്ണ പരമവംസരുടെയോ രമണ മഹർഷിയുടെയോ ഹൃദയത്തിലും മാത്രമല്ല ബ്രഹ്മാദി പിപീലിക്കാവുന്ന തനുഷവും ഒരു ബ്രഹ്മാവും മുതൽ ഒരു അമീപ ഉള്ളില് വരെ ഹൃദയത്തിൽ ഈ ബോധസത്യം പരമാർത്ഥസത്യം സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ പ്രകാശത്തിനെ ആശ്രയിച്ചുകൊണ്ടേ സത്യം കണ്ടെത്താനൊക്കൂ ആ അകമേക്കുള്ള ദീപം തെളിയണം തന്നെ തന്റെ യഥാർത്ഥസ്വം തന്നെ അദീപം താൻ തന്നെ അദ്വീപ ഇന്നലെ ഏഴാമത്തെ ശ്ലോകം ബാല്യാഗ്രസു തധാ സർവാസു അവസ്വ്യവൃത്തസു അനുവർത്തമാനം അന്തസ്ഫുരന്ത സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതം യോ ഭദ്രയാ മുദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയേ ആ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ഇതം നമഹ നമസ്കാരം ചെയ്യുന്നു ആ ഗുരു കൃപ്പ കൊണ്ട് തെളിയേണ്ട തത്വം തെളിയേണ്ട ദീപം ഗുരു പുറമേക്കുള്ള ഗുരു ഈ ദീപം തെളിക്കാൻ ഒരു കാരണം മാത്രമാണ് ദീപം ഓൾറെഡി അവിടെ തെളിഞ്ഞുകൊണ്ടേ തെളിക്കലല്ല വാസ്തവത്തിൽ തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ദീപം പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ സ്വയമേവ ദീപമാണ് എന്നിട്ടാണ് എവിടെ ദീപം എവിടെ ദീപം ചോദിക്കുന്നത് സ്വയമേവ നമ്മളെ ആ വിളക്കാണ് ആ പ്രകാശമാണ് സ്വയമേവ നമ്മളെ സൂര്യനാണ് പിന്നെ എവിടെ അന്ധകാരത്തിന് എവിടെ തെറിയും ജഗദീശാസ്ത്രി എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതനും ഉണ്ടായിരുന്നു ദ്ദേഹം രമണഭഗവാന്റെ ഭക്തന്മാരില് വലിയ പണ്ഡിതന്മാരായിട്ടുള്ളവര് രണ്ടുപേരാണ് ഒന്ന് കാവ്യകണ്ഠ ഗണപതി മുനി ഒന്ന് ജഗദീശാസ് പിന്നെയും പണ്ഡിതന്മാരുണ്ടായിരുന്നു അവരൊക്കെ കാവ്യകണ്ഠ ഗണപതി മുനിയുടെ ശിഷ്യന്മാരാണ് ജഗദീശാസ് ഒരു ദിവസം മഹർഷി സ്കന്ധാശ്രമത്തിലേക്ക് മലയുടെ മുകളിലേക്ക് നടക്കാൻ പോവാണ് നല്ലോ നട്ടുച്ച വെയിൽ മഹർഷി സാധാരണ ആരെയും പേര് പറഞ്ഞ് വിളിക്കില്ല അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു എല്ലാരെയും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് വാങ്ങോ പോങ്കോ അപക സാധാരണ പരമാചാരികളെല്ലാം പ്രിയത്തിനാളെ റെസ്പെക്ട് ഇല്ലാതല്ലേ പരമാചാരികളെല്ലാം പേശരത് നീ വാ അപ്പതാ യുമേശുവ അപ്പം സന്തോഷമാക്ക ഉമണേ കുരങ്ങൾ അവ പയ്യ വന്ന് പോരങ്ങ കുട്ടുരങ്ങ അമ്മ വന്നേശുവ ലക്ഷ്മി വന്നു ഒന്ന് പശുമാട് വന്ന് പോണ ലക്ഷ്മി വന്ന ആൾ എല്ലാ മഹർഷിയുടെ സംവാദത്തിലൊക്കെ നോക്കിയാൽ ഈ നീ വാ പോന്നുള്ളത് കാണുകയില്ല പക്ഷെ രണ്ടു മൂന്ന് പേർ ഒന്ന് ടി കെ സുന്ദരേശ്വര്യർ അദ്ദേഹം ഒമ്പത് വയസ്സ് മുതൽ തിരുവണ്ണാമലയിൽ മഹർഷിയെ കണ്ട് വളർന്ന ആളാണ് അതുകൊണ്ട് പ്രിയമായിട്ട് സുന്ദരേശാന്ന് വിളിക്കും അതേപോലെ ഈ ജഗദീശാസ്ത്രിയും ജഗദീഷാന്നേ വിളിക്കുമ്പോ അദ്ദേഹത്തിനെയും ചെറുപ്പകാലം മുതൽ മഹർഷിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ജഗദീഷ എന്ന് വിളിക്കും അവർക്കൊക്കെ അത്രയധികം ഇപ്പൊ ജഗദീശാസ്ത്രിയോട് ഒരു ദിവസം മഹർഷി പറഞ്ഞു ജഗദീഷ നമുക്ക് മലയുടെ മുകളിൽ നടക്കാൻ പോവാം ജഗദീശാസ് ചെരുപ്പൊന്നും ഇടാനില്ല മലയുടെ മുകളിൽ സാധാരണ ആരും ചെരുപ്പിട്ട് നടക്കാറുമില്ല ഭഗവാൻ പിന്നെ ചെരുപ്പിടുന്ന സ്വഭാവമേ അപ്പൊ ജഗദീശാസ്ത്രി പറഞ്ഞു ഭഗവാനെ ഈ ചൂടിലെങ്ങനെ നടക്കും ഈ ചൂടിൽ നടക്കാൻ പറ്റുമോ കാലും പൊള്ളിയിട്ട് എനിക്ക് അല്ലെങ്കിലേ ചൂട് സഹിക്കാൻ വയ്യ ഈ ചൂട്ടിൽ നടന്നാൽ കാലും പൊള്ളും അപ്പോ മഹർഷി പറഞ്ഞു ഞാൻ നടക്കണില്ലേ അപ്പോ ഭഗവാനെ പോലെയാണോ ഞാൻ ചോദിച്ചു എന്താ എന്നെപ്പോലെ രണ്ടു കാലല്ലേ നിനക്കുള്ളൂ എന്ത് പറഞ്ഞാലും സമ്മതിച്ചില്ലേ അന്നത്തെ ദിവസം എന്തൊക്കെയോ ജഗദീശാസ്ത്രി പറഞ്ഞു നോക്കി കാല് ചുടും വരൂ കൂടെ വരൂ നമുക്ക് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ടുപോയി വാസ്തവത്തില് പാറ ഇങ്ങനെ പൊള്ളി നിൽക്കണുണ്ട് പോകുന്നിടമൊക്കെ കാലിങ്ങനെ ചുട്ടിട്ട് ജഗദീശാസ് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ ഭഗവാനെ എനിക്ക് ഇനി നടക്കാൻ വയ്യ എന്റെ തലയിപ്പൊ വിണ്ടു കീഴും തോന്നുന്നു എനിക്ക് അത്ര ചൂട് തലയില് അപ്പൊ ഭഗവാൻ ജഗദീശ് ഈ ഒരു ഉപദേശത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഈ ചൂട് പൊള്ളിക്കാനോ ഒന്നുമല്ല ഈ ഇൻസിഡന്റ് ജഗദീശാസ്ത്രി എപ്പോ പറഞ്ഞു എന്നുവെച്ചാൽ ഈയിടെ വായിച്ച ആർട്ടിക്കിളാണത് ജഗൻലാൽ യോഗി എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ടായിരുന്നു ആ ഭക്തനുമായിട്ട് ജഗദീശാസ് ബോംബെയില് ടാർ റോട്ടില് നടന്നു പോവാണ് കാലില് ചെരുപ്പില്ല ഭയങ്കര ചൂട് അപ്പൊ ഈ ചഗൻലാൽ യോഗി ജഗദീശ്ശാസ്ത്രിയോട് ചോദിച്ചു സ്വാമി ഇങ്ങനെ കാലിൽ ചെരുപ്പില്ലാതെ നടന്നു വരണമല്ലോ എനിക്ക് ആലോചിക്കാനേ വയ്യ അതും നീ ടാറുരുകിയിരിക്കുന്നു ചൂടില്ലേ അപ്പൊ ജഗദീശാസ്ത്രി പറഞ്ഞത്ര എനിക്ക് ചൂട് ഒന്നും അറിയില്ല യാതൊരു ചൂടും എന്നെ ബാധിക്കില്ല എനിക്ക് ഭഗവാൻ സൂര്യരക്ഷ ചെയ്ത് തന്നിണ്ടെന്നു അപ്പൊ അതെന്താണോ അതെ അതെ അങ്ങനെയൊന്നും മഹർഷി ആർക്കും സ്പെഷ്യലായിട്ടൊന്നും ഉപദേശിച്ചതായിട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ എന്താണ് അതെ ചോദിച്ചപ്പോഴാണ് ഈ ഇൻസിഡന്റ് ജഗദീശാസ്ത്രി പറഞ്ഞത് മലയുടെ മോളി ചൂട്ടില് ഭയങ്കര വെയില് ഭഗവാൻ എനിക്കിപ്പൊ തല വിണ്ടീറും തോന്നുന്നു തോന്നിയപ്പോ മഹർഷി പറഞ്ഞു ജഗദീശ സൂര്യന്റെ ചൂട് സൂര്യനിൽ നിന്ന് ഞാൻ വേറെയാണെന്ന് ധരിക്കുമ്പോ നമ്മളെ ചുടുന്നു സ്വയമേവ നമ്മളേ സൂര്യനായാ ചുടുവോ സ്വയമേവ നമ്മളേ സൂര്യനായി കഴിഞ്ഞാൽ സൂര്യനെ സൂര്യൻ ചുടില്ലല്ലോ അതുകൊണ്ട് സൂര്യോസ്മി എന്ന് ധ്യാനിക്കുക ഭാവത്തോടുകൂടെ ഞാൻ സ്വയമേവ സൂര്യനാണെന്ന് ധ്യാനിച്ചു ഉറക്കുക എന്നാണ് ജഗദീശാസ് പറഞ്ഞു വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പൊ നടുവുമലയിലാണ് ഇതല്ലാതെ പോലും പക്ഷിയില്ല അത് എഫക്റ്റീവാണോ എഫക്റ്റീവ് അല്ലയോ ഒന്നും ചിന്തിക്കാൻ പോവയ്യ മഹർഷി പറഞ്ഞു എടുക്കാത്തപ്പോ നിവൃത്തിയില്ല ഇനി സ്കന്ധാശ്രമം വരെ എത്തണം പറഞ്ഞത് അങ്ങനെ സ്വീകരിച്ചു സ്വയമേവ ഞാനേ സൂര്യനാണ് എന്ന് ധ്യാനിക്കാൻ തുടങ്ങി സൂര്യനെ ഞാനാണ് ധ്യാനിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ചൂടറിയണില്ല എന്ന് മാത്രമല്ല ഉള്ളിലൊരു നല്ല കുളിർമ കാലിലൊന്നും ഒരു പൊള്ളമില്ല ചൂടില്ല യാതൊന്നുമില്ല എപ്പ സ്കന്ധാശ്രമം എത്തി എന്ന് അറിഞ്ഞില്ല അതിനുശേഷം ജഗദീശാസ് പറഞ്ഞു ഞാൻ പിന്നെ അത് ധ്യാനിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ആ അന്നത്തെ ഒരു ദിവസം ധ്യാനിച്ചതോടുകൂടെ that experience was assimilated in my system. പിന്നീട് ഒരിക്കലും എന്നെ ചൂട് ബാധിച്ചിട്ടേലാണ് ചൂടൊന്നും ബാധിച്ചിട്ടേ ഇല്ലയാണ് കുഞ്ചുസ്വാമി പറയും ഭഗവാൻ വേർത്തൊലിക്കുന്നുണ്ടാവും നല്ല നട്ടുച്ച വെയിൽ തിരുവണ്ണാമല ആ സമ്മറിൽ വേർത്തൊലിക്കുന്നുണ്ടാവും എന്നാലും ഭയങ്കര ചൂട് ഒരുപാട് ചൂട് അല്ലെങ്കിൽ നല്ല തണുപ്പ് മഴ വെതറിനെക്കുറിച്ച് ഒരു റിമാർക്ക് പാസ്സാക്കിയതായിട്ട് കണ്ടിട്ടേ ഇല്ലാന്ന് പറയും കുഞ്ചുസ്വാമി ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നു പത്ത് മുപ്പത് വർഷം കുഞ്ചുസ്വാമി മുപ്പത് വർഷത്തിന് മേലെ ഉണ്ടായിരുന്നു ഒരു റിമാർക്ക് വെതറിനെക്കുറിച്ച് ചൂട് തണുപ്പ് എന്താന്ന് വെച്ചാൽ അതിന് കുഞ്ചുസ്വാമി തന്നെ കൊടുക്കുന്ന വ്യാഖ്യാനം സ്വയമേവ താനേ സൂര്യനോടുകൂടെ സൂര്യനായാൽ സൂര്യൻ എന്ത് റിമാർക്ക് പാസാക്കും മഴ പെയ്യുമ്പോ സ്വയം താനേ മഴ ആയാൽ മഴയെ കുറിച്ച് എന്ത് പറയും കുളിരുമ്പോ താനേ സ്വയം കുളിരായിട്ട് മാറിയാൽ കുളിറിനെ കുറിച്ച് അഭിപ്രായം പറയുന്നു രണ്ടെന്ന് നിൽക്കുമ്പോഴല്ലേ അദ്വൈതം ഒരു സിദ്ധാന്തമല്ല അദ്വൈതം എക്സ്പീരിയൻസാണ് അദ്വൈതം സിദ്ധാന്തമാണെങ്കിൽ നത്തിങ് ഈസ് മോർ ഇംപ്രാക്ടിക്കൽ ദാൻ അദ്വൈതം സിദ്ധാന്തമേ അല്ല ഈ അനുഭവത്തില് വരുമ്പോഴാണ് അതാണ് ജ്ഞാനികളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ മർമ്മമറിയ രാമകൃഷ്ണപരമം സർ പറയും വൈദ്യന്റെ കൂടെ ഇരുന്നാലേ നാടി പിടിക്കാൻ അറിയുള്ളൂ എന്ന് പറയുന്നു അല്ലെങ്കിൽ പുസ്തകം പഠിച്ചാൽ വൈദ്യം എന്തൊക്കെ പറയുന്നു എന്തിനൊക്കെ എന്തൊക്കെ മരുന്നൊക്കെ അറിയാമായിരിക്കും പക്ഷെ നാടി പിടിക്കാൻ അറിയണമെങ്കിൽ വൈദ്യന്റെ കൂടെ ഇരിക്കണം എന്നാണ് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദ്വന്ദ്വാതീരം തണുപ്പ് ചൂടൊക്കെ സമം സുഖദുഃഖങ്ങളൊക്കെ സമം ഒക്കെ നമുക്ക് പുസ്തകത്തുനിന്ന് കിട്ടും റെഡിമെയ്ഡായിട്ട് കിട്ടും ബട്ട് ഹൗ ടു ലിവ് ഇറ്റ് എങ്ങനെ ജീവിക്കും ജ്ഞാനികളുടെ അടുപ്പം നമുക്ക് വരുമ്പോ മനസ്സിലാവും ഇതൊക്കെ സ്വയമേവ നമ്മളെ ആ ജ്യോതിസാവുമ്പോ പിന്നെ ഇരുട്ടെവിടെ അജ്ഞാനം എവിടെ സ്വയമേവ ഞാനേ പ്രകാശമാണെങ്കിൽ ഇരുട്ട് എവിടെ ആ അർത്ഥത്തിലാണ് യേശു പറഞ്ഞു ഐ ആം ദ ലൈറ്റ് ഞാൻ തന്നെയാണ് പ്രകാശം പക്ഷെ ഈ ഉടനെ അതിനെന്താ അർത്ഥം എഴുതും നമ്മളുടെ കമന്ററി യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് ഹിസ്റ്ററിയിൽ രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് ലൈറ്റ് ഇനിയിപ്പോ രണ്ടായിരം വർഷം ബാക്കിലേക്ക് പോകണം നമ്മൾ ഒരു ലൈറ്റ് കിട്ടണമെങ്കിൽ രണ്ടായിരം വർഷം ബാക്ക് പോകണമെങ്കിൽ എത്ര കഷ്ടം ഐ ആം ദ ലൈറ്റ് റോട്ടിലൊക്കെ കുപ്പത്തൊട്ടിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും മണേ നോക്കിക്കോള ഞാനാണ് വെളിച്ചം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഞാനാണ് വെളിച്ചം എന്താണ് ഹിസ്റ്ററിയിൽ രണ്ടായിരം വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഞാനല്ല ഇതാ ഇപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ ഈ ശരീരത്തിന്റെ ഓരോന്നിന്റെ ഉള്ളിലുള്ള ഞാൻ ആ ഞാൻ ആണ് വെളിച്ചം ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുമ്പോ ഇവിടെ ഒന്ന് സ്ഫുരിക്കുന്നുണ്ടല്ലോ ഒന്ന് സ്പന്ദിക്കുന്നുണ്ടല്ലോ എവിടുന്നോ ഈ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ ഞാൻ ആണ് വെളിച്ചം ദീപം ആ ഞാൻ ഞാൻ എന്നുള്ള അനുഭവം അതിനെ അറിയാൻ മറ്റൊന്നും വേണ്ട വിളക്ക് എന്നുള്ള വാക്കിന് തന്നെ എന്താ ഈ വിളക്ക് എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നിരിക്കുന്നത് മലയാളത്തിന് അധികം സ്വന്തം വാക്കുകളൊന്നുമില്ല ഒന്നിൽ സംസ്കൃതം അല്ലെങ്കിൽ തമിഴ് വിളക്ക് എന്നുള്ള വാക്ക് തമിഴാണ് അതിനർത്ഥം എന്താന്ന് വെച്ചാൽ വിള വിളക്കരുത് തമിഴ് നമ്മൾ ചൊല്ലിയാ വിളക്കരുത് വിളക്കുംകോ അപ്പർത്ഥം വ്യാഖ്യാനം പണ്ണുങ്കോ കൊച്ചി അത് വെളിച്ചമാ കാട്ടുങ്കോക്ക് വിളക്കും ഗോമ്പ പ്രകാശത്തിനാല മീതി ഇരിക്കെല്ലാം പ്രകാശപ്പെടുത്തുമോ അത് വിളക്ക് പേര് ഏത് താൻ പ്രകാശിച്ചു കൊണ്ട് മറ്റുള്ളതിനെ ഒക്കെ കാണിച്ചു തരുന്നു സ്വയം വിളങ്ങിക്കൊണ്ട് വിളങ്ങുക എന്നുവെച്ചാൽ തന്നെ പ്രകാശിക്കുക ബാക്കിയുള്ളതിനെയൊക്കെ വിളങ്ങാൻ വയ്ക്കുന്നത് വിളക്ക് പ്രപഞ്ചത്തിനെ മുഴുവൻ വിളങ്ങാൻ പ്രകാശിക്കാൻ വയ്ക്കുന്ന വിളക്ക് എന്താണ് കിം ജ്യോതിഹീതവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാദിഗം സാദേവം രവിദീപ ദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിതേം ആചാര്യസ്വാമികളുടെ ഏകശ്വലോക്കി ഒരു വൃദ്ധ ബ്രാഹ്മണൻ ശങ്കരാചാര്യരോട് ചോദിച്ചതാണിത് ആചാര്യരോട് ചോദിച്ചു ലോറ്റിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം എന്താണെന്ന് ചോദിച്ചു ഞാൻ വേദം പഠിച്ചിരിക്കുന്നു ശാസ്ത്രം പഠിച്ചിരിക്കുന്നു എനിക്ക് വയസ്സായി ഇനിയും എനിക്ക് ജ്ഞാനം ഉണ്ടായില്ല അവിടുന്ന് എനിക്ക് ഉപദേശിക്കണം എന്ന് പറഞ്ഞു ഈ വൃദ്ധൻ അപ്പൊ ശങ്കരാചാര്യർ ചോദിച്ചു അങ്ങേക്ക് ഞാൻ എന്താ ഉപദേശിക്കേണ്ടത് അങ്ങേക്ക് അറിയാത്തത് എന്താ ഉള്ളത് എന്താണ് അറിയേണ്ടത് അപ്പൊ ആ വൃദ്ധൻ പറഞ്ഞു എല്ലാ അറിവിനും ആശ്രയഭൂതമായ ഒരു അറിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു പരമപ്രകാശമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ പരമപ്രകാശം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഉപദേശിച്ചു തരാം സമേവഭാന്തം അനുഭാതി സർവം തസ്യാസാ സർവമിതം വിഭാതി എന്ന് ഉപനിഷത്ത് പറയുന്നു അതിന്റെ പ്രകാശം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നു എന്താണ് ആ പ്രകാശം അപ്പൊ ആചാര്യസ്വാമികൾ ഇദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം ഉത്തരം പറയുന്നു അങ്ങനെയാണ് ആ ശ്ലോകം അപ്പൊ ആചാര്യർ ചോദിക്കുകയാണ് അങ് ഇപ്പൊ ഏത് പ്രകാശം കൊണ്ടാണ് ലോകത്തിനെ കാണുന്നത് കിം ജ്യോതിഹീത്തവ് പകൽവേളയിൽ ഏത് പ്രകാശം കൊണ്ട് വസ്തുക്കളെയൊക്കെ കാണുന്നു ഭൂര്യന്റെ വെളിച്ചം കൊണ്ട് കാണുന്നു സൂര്യപ്രകാശം കൊണ്ട് കാണുന്നു രാത്രിയിൽ സൂര്യനില്ലല്ലോ അപ്പൊ എങ്ങനെ കാണുന്നു ലൈറ്റ് ഇട്ടിട്ട് കാണും വിളക്ക് കൊളുത്തിയിട്ട് കാണും പ്രദീപാദികം ആട്ടെ സ്യാദേവം രവിദീപദർശനവിധൌക്യം ജ്യോതിഹീം വിളക്ക് സൂര്യൻ ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു രവി ദീപ്രദർശനവിദൗക്കും ജ്യോതിഹി ചക്ഷുഹു കണ്ണുകൊണ്ട് കാണുന്നു കണ്ണുകൊണ്ട് ഞാൻ സൂര്യനെ കാണുന്നു കണ്ണുകൊണ്ട് വിളക്കിനെ കാണുന്നു കണ്ണുകൊണ്ട് പദാർത്ഥങ്ങളെ കാണുന്നു തസ്യനിമീലനാതിസമയേക്കും രാത്രി ഉറങ്ങുമ്പോ കണ്ണടയ്ക്കുന്നുണ്ടല്ലോ കണ്ണ് അടയ്ക്കുമ്പോ കാണുന്നുണ്ടല്ലോ സ്വപ്നമൊക്കെ നല്ലവണ്ണം കാണുന്നു നല്ല വെളിച്ചത്തിൽ കാണുന്നു ഇരുട്ട് മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം എവിടെ നിന്ന് ക്ലീനായിട്ട് കാണുന്നു കണ്ണാടിയൊന്നും വേണ്ട കണ്ണു കാണാത്തവർക്കും കാണുന്നു അവിടെ ഏത് വെളിച്ചം കൊണ്ട് കണ്ടു ധീഹി ബുദ്ധിയുടെ പ്രകാശം കൊണ്ട് കണ്ടു ധിയോദർശനേക്കും ആ ബുദ്ധി ആരുടെ ബുദ്ധിയാ സുഷിപ്തി അവസ്ഥയിൽ ആ ബുദ്ധിയും ഇല്ലല്ലോ അവസ്ഥയിൽ ആ ബുദ്ധിയും അപ്പൊ എഴുന്നേറ്റിട്ട് എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറയണമല്ല അതാരാ ബുദ്ധിയുടെ അഭാവത്തിനെയും ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു അയാളാരാ അഹം ഞാൻ തന്നെയാണ് ഭഗവാനെ അത് ഞാനാണ് ബുദ്ധിക്ക് സാക്ഷി ഭവാൻ പരമകം ജ്യോതിഹി തത്വമസി നീ പരമമായ ജ്യോതിസ് നീ തന്നെയാണ് ബുദ്ധിക്ക് സാക്ഷിയായിട്ടുള്ള ആ പ്രകാശം തന്നെയാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എല്ലാത്തിനെയും പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം എന്ന് പറഞ്ഞതും ഈ വൃദ്ധൻ തദസ്മി പ്രഭോ അഹമസ്മി ഞാൻ അത് ഞാൻ തന്നെയാണ് ആ വസ്തു ഞാൻ തന്നെയാണ് ആ പരമപ്രകാശം എന്ന് സമാധിസുഖം അനുഭവിച്ചു എന്നാണ് നിർവികൽപ്പക സമാധിസുഖം കുറച്ചുനേരം അനുഭവിച്ച് ആ വൃദ്ധൻ കൃതകൃത്യനായി വെളിയിൽ നിന്നും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഞാൻ എന്നുള്ള ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുക ഞാൻ എന്നുള്ളത് വെളിച്ചം അതറിയാൻ മറ്റൊന്നും വേണ്ട അന്ധകാരമുറിയിലിരിക്കുമ്പോ നല്ല വണ്ണം ഇരുട്ടുമുറിയിൽ ഇരുന്ന് നോക്കുക കുറച്ചു നേരം ധ്യാനിക്കാനായിട്ട് എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഇരുട്ടുമുറിയിലിരുന്നു നോക്കുക ഒരേ ഒരു അറിവ് ഏർപ്പെടുന്നുണ്ട് നമുക്ക് ഞാനുണ്ട് എന്നുള്ള പ്രബലമായ ഒരു എക്സ്പീരിയൻഷ്യൽ നോളജ് ഐ ആം അതുകൊണ്ടാണ് ഞാനാണ് വെളിച്ചം എന്ന് പറഞ്ഞത് അതറിയാൻ ഇരുട്ട് വെളിച്ചം ഒന്നും പ്രശ്നമല്ല സ്വപ്നം ജാഗ്രത എല്ലാത്തിലും ഉണ്ടത് ഞാനുണ്ട് ആ ഞാൻ ഉണ്ട് എന്നുള്ള ഒരു സോളിഡ് എക്സ്പീരിയൻസ് ഘനീഭവിച്ചതായൊരനുഭവം അതിനെ സെന്ററായി വെച്ചുകൊണ്ടാണ് ഈ ശ്ലോകം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഒക്കെ ശരീരത്തിൽ മാറി വരുമ്പോഴും ആരോഗ്യം രോഗം മുതലായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി വരുമ്പോഴും സുഖം ദുഃഖം മുതലായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി വരുമ്പോഴും ജാഗ്രത സ്വപ്നം സുഷുപ്തി മുതലായ അവസ്ഥകളൊക്കെ മാറി മാറി വരുമ്പോഴും ഒരു മാറ്റവും കൂടാതെ നിൽക്കുന്ന ഒരു വസ്തു ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ സംവിദ് ഉജ്ജൃംബത്തെ യാ ബ്രഹ്മാതി പിപീലികന്ത തനുഷു പ്രോതാ ജഗത്സാക്ഷിണി എല്ലാത്തിനും സാക്ഷിയായിട്ട് ഉണർവായിട്ട് അവബോധമായിട്ട് അയാം അതിൽ ഒരു